അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കനുവാദം നൽകുന്നതിനു മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവോ നിങ്ങൾക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവാണദ്ദേഹം അതിനാൽ നിങ്ങളുടെ കൈകളും കാലുകളും വിപരീതമായി ഞാൻ മുറിച്ചുമാറ്റും ഈ ഈന്തപ്പന തടികളിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യും നമ്മളിൽ ആരുടെ ശിക്ഷയാണ് കൂടുതൽ കഠിനമെന്നും ശാശ്വതമെന്നും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും